നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്ററുപത് നാൽപ്പത് മൂന്ന് ഒമ്പത് ഒന്ന് ഈശ്വര സങ്കല്പം ഈ ഈശ്വര സങ്കല്പം നമ്മുടെ ആരാധനാക്രമങ്ങൾ അതുപോലെ തന്നെ നവഗ്രഹങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ആ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഈശ്വര സങ്കല്പത്തിനെ പറ്റിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയാണ് നമ്മളത് നവഗ്രഹങ്ങളിലേക്കും എല്ലാ ആരാധനകളും തമ്മിൽ പരസ്പരം ബന്ധങ്ങളുണ്ട് നമ്മുടെ എല്ലാ ദർശനങ്ങളും എല്ലാ ആരാധനകളും തമ്മിലൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് ഭാരതീയ ദർശനങ്ങളുടെ ഒരു പ്രാധാന്യം ഗുണം തന്നെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ യോഗയാണെങ്കിലും തന്ത്രമാണെങ്കിലും നമ്മളുടെ ദർശനങ്ങളാണെങ്കിലും ആയുർവേദമാണെങ്കിലും എന്താണെങ്കിലും ഒക്കെ പരസ്പ ഏതാണെങ്കിലുമൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ രീതികളും അതിൻ്റെ സമ്പ്രദായവും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളു കുറച്ച് ആഴത്തിൽ ചിന്തിച്ചാൽ ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിൽ മാതാവ് എങ്ങനെയാണ് ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ലോകമാതാവ് എന്നൊരു സങ്കല്പം ഭഗവതി എന്നൊരു സങ്കല്പം ദേവീ സങ്കല്പം വന്നത് അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഈ ഭഗവതി അല്ലെങ്കിൽ അമ്മ നമ്മുടെ അമ്മ തന്നെ ഇടയ്ക്ക് ഒരു ഭീകരസ്വരൂപണിയാവും എന്നൊക്കെ പറഞ്ഞുമല്ലോ അതുപോലെ തന്നെ പ്രകൃതിയും ഇടയ്ക്ക് ഭീകരരൂപിണിയാവും അപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരെ രക്തവും മാംസവും ഒക്കെ നൽകി തൃപ്തിപ്പെടുത്തിയാൽ സന്തോഷമാവും എന്ന സങ്കല്പത്ത് നിന്ന് ഈ ഗുരുതി കർമ്മങ്ങളൊക്കെ വന്നത് ഇനി നമ്മുടെ അബോധ മനസ്സിൽ അമ്മയാണ് നമ്മുടെ രക്ഷകർ അതുകൊണ്ടാണ് നമ്മൾ അമ്മയെന്ന് അറിയാതെ വിളിക്ക് പോകണതാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ ബോധ മനസ്സിൽ നമ്മൾ രക്ഷകനായിട്ട് കണക്കാക്കണത് അച്ഛനെയാണ് എല്ലാവരും ഒരു പ്രായം വരെ നമ്മളമ്മയെ തന്നെയാണ് രക്ഷകയായിട്ട് കണക്കാക്കുക കരയുമ്പോൾ നമ്മളെ പാല് തരേണ്ടതും നമ്മളെ ഉറക്കണതും നമ്മളെ കുളിപ്പിക്കണതും ഒക്കെ അമ്മയായതുകൊണ്ട് ഒരു പ്രായം വരെ നമുക്ക് അമ്മ തന്നെയാണ് രക്ഷക അതുകൊണ്ടന്നെ നമ്മൾ ആദ്യത്തെ രക്ഷകയായിട്ടും ആദ്യത്തെ ഈശ്വരായിട്ടും അമ്മയെ കണക്കാക്കണോ പക്ഷേ അവർ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാവും അച്ഛൻ കുറച്ചും കൂടി പ്രാധാന്യമുണ്ട് അച്ഛന് അമ്മയെ താഴ്ത്തി കിട്ടില്ല കാരണം എല്ലാം കൊണ്ടും നോക്കുമ്പോൾ അച്ഛന് കുറച്ചും കൂടി കുടുംബത്തിൽ പ്രാധാന്യമുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സ്ത്രീവിരുദ്ധതയാണെന്നൊന്നും ആരും വിചാരിക്കരുത് ഈ ഒരു കൺസെപ്റ്റൊക്കെ പൂർവിക കാലത്തുണ്ടായിട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചു പോയൊരു സങ്കല്പും അപ്പം അച്ഛൻ്റെ കുടുംബത്തിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് അച്ഛൻ അധ്വാനിക്ക് പോകണു ഇപ്പം സ്ത്രീകൾ അധ്വാനിക്കുന്ന കാലമാണ് അതിനെ വിസ്മരിക്കുകയല്ല പറഞ്ഞത് അച്ഛൻ അധ്വാനിക്കണം ഇപ്പം പഴയകാലത്ത് ഗോത്ര ജീവിതമൊക്കെ ആലോചിക്കുമ്പോൾ സ്ത്രീകൾക്ക് ജോലിക്ക് പോകില്ല സ്ത്രീകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് സ്ത്രീകൾ അതായത് ഒന്നാമത് പഴയകാലത്ത് ഗോത്ര സമ്പ്രദായമൊക്കെ പറയുകയാണെങ്കിൽ പുരുഷൻ വേട്ടയ്ക്ക് പോകണു സ്ത്രീ വീട്ടിലിരിക്കണു വീട്ടു ജോലികൾ ചെയ്യണു കൃഷിയിലേക്ക് കടന്നപ്പോഴും പുരുഷൻ പ്രധാനമായിട്ടും ഗൃഹജോലികൾക്ക് ചെയ്യണോ സ്ത്രീ സഹായിക്കണോ വീട്ടു ജോലികൾ ചെയ്യണോ അങ്ങനെയാണ് സമ്പ്രദായം ഉണ്ടായത് പിന്നെ കായികമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ശരി പുരുഷനെ സ്ത്രീയേക്കാൾ ബലം ഏത് മേഖലയിൽ നോക്കുമ്പോഴും ആ ഒരു ബലം നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്ത്രീയെ കുറ്റം പറയല്ല പുരുഷൻ്റെ ശാരീരിക പ്രത്യേകതകൾ കാരണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രളയം ഉണ്ടായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നോക്കുക അതിൽ തൊണ്ണൂറ്റൊമ്പത് പുരുഷന്മാരാണ് അതവർ ശാരീരിക പ്രത്യേകതകൾ കാരണമാണ് സ്ത്രീകളുടെ മോശമാക്കല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീക്കാണെങ്കിൽ എല്ലാ മാസവും ഉണ്ടാവുന്ന മെൻസസ് അതുപോലെ തന്നെ പ്രസവം പ്രസവത്തിനോടനുബന്ധിച്ചിട്ടുള്ള പത്ത് മാസത്തെ ആ ഗർഭകാലം പ്രസവത്തിന് ശേഷവും ഒരു സ്ത്രീക്കുണ്ടാവുന്ന വിശ്രമം ഇതൊക്കെ സ്ത്രീക്ക് ധാരാളം വിശ്രമം ആവശ്യപ്പെടുന്ന ഒരുപാട് അവസരങ്ങൾ പ്രകൃതി തന്നെ സ്ത്രീക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ആ കുടുംബം നോക്കേണ്ട ചുമതല അധ്വാനിക്കേണ്ട ചുമതല രക്ഷിക്കേണ്ട ചുമതല ഒക്കെ പുരുഷനിലാണുള്ളത് അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാവും അച്ഛനാണ് കുറച്ചും വലിയൊരു രക്ഷിതാവും എന്ന് നമുക്ക് നമ്മളെ രക്ഷിക്കണത് നമ്മളെ പരിപാലിക്കണത് നമുക്ക് ജീവിതമാർഗ്ഗത്തിന് അധ്വാനിക്കണതും പൈസ ഉണ്ടാക്കിത്തരേണ്ടതും മാത്രമല്ല കുറച്ച് ഗൗരവമുള്ള അല്ലെങ്കിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളുടെ ഒപ്പം നിന്ന് നമ്മളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വലിയ രക്ഷിതാവാണ് അച്ഛൻ അമ്മയെ അപേക്ഷിച്ച് അച്ഛൻ കുറച്ചും കൂടി ഗൗരവക്കാരനാണ് ഒരു ചൂടുള്ള ആളാണ് അമ്മ പോലെ തന്നെ അത്ര തന്നെ ഇടപഴകാൻ അച്ഛനോട് പറ്റില്ല അച്ഛൻ ഗൗരവം കൂടും അച്ഛന് ശക്തി കൂടും ബലം കൂടും എന്ന ചിന്ത നമ്മളിലൊക്കെ നമ്മൾ ഒരുവിധ ആൾക്കാർ ഞാൻ പൊതുവായ കാര്യമാണ് പറയണത് ഇത് ഇൻഡിവിജ്വലായിട്ട് ചില വീടുകളിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനേക്കാൾ പവറും അമ്മയ്ക്കുണ്ടാവാം അച്ഛനേക്കാൾ എല്ലാം കൊണ്ടും സ്ഥാനം അമ്മയ്ക്കുണ്ടാവാം ചില ആൾക്കാർക്ക് അമ്മയേക്കാൾ കൂടുതൽ അച്ഛനോട് വൈകാരികമായിട്ടുള്ള അടുപ്പുണ്ടായിരിക്കാം ഞാൻ പൊതു എന്ന കാര്യ പൊതു കാര്യമാണ് പറയണത് കോമൺ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുമ്പോൾ അച്ഛന് ഈ പറഞ്ഞ ഒരു കുറച്ചും കൂടി ഒരു മുന്നിട്ട് നിൽക്കുന്ന സ്ഥാനം കാണാൻ പറ്റും മാത്രമല്ല അമ്മയോട് ഇടപഴകണ പോലെയല്ല അച്ഛനോട് ഇടപഴകണത് ഒരു ഗ്യാപ്പിട്ടിട്ടാണ് ഇടപഴകണതെന്ന് കാണാൻ പറ്റും ഇത് വ്യക്തിപരമായിട്ടും ഇതേ ചിന്തയാണ് സമൂഹത്തിൻ്റെ മൊത്തം കൺസെപ്റ്റും ഇങ്ങനെയാണ് അത് ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തോ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് ഒരു പുരുഷാധിപത്യാണ് നമുക്ക് നോക്കിയാൽ കാണാം പുരുഷാധിപത്യം ലോകത്തിലെ ഒരുവിധം എല്ലാ രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ അവിടുത്തെ പട്ടാളം അതുപോലെ തന്നെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ജോലിക്ക് പോകുന്നവർ ഒക്കെ പുരുഷന്മാരാണ് അത് ലോകം മുഴുവൻ ഉള്ള അതിൽ ഗോത്രകാലം മുതൽ മനുഷ്യൻ ജീവിതം ആരംഭിച്ച കാലം മുതലേ ഉള്ളൊരു സമ്പ്രദായമാണ് അപ്പം അതുകൊണ്ടുതന്നെ ഈ ഒരു അച്ഛനെ നമ്മളുടെ രക്ഷിതാവ് നമ്മുടെ ഈശ്വരൻ എന്നൊരു കൺസെപ്റ്റ് നൽകി പൊതുസമൂഹം എല്ലാ സമൂഹത്തിൻ്റെ മൊത്തസ്ഥിതി ആവുന്ന ലോകത്തിലെവിടെയാണെങ്കിലും അച്ഛൻ ഈശ്വരനാണ് പിതാവ് ഈശ്വരനാണ് എനിക്ക് എൻ്റെ പിതാവ് ഈശ്വരനാണ് എന്നതുപോലെ തന്നെ ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പിതാവിൻ്റെ ചൈതന്യം ഉണ്ടായിരിക്കും അത് എൻ്റെ ഈശ്വരനാണ് എന്ന സങ്കല്പം വന്നു എനിക്ക് എൻ്റെ അച്ഛൻ രക്ഷകനാണ് ഈശ്വരനാണ് അതുപോലെ തന്നെ ഞാനുൾപ്പെട്ട ആയിരക്കണക്കിന് പേർ അധി അധിവസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുള്ള ഈ ഒരൊറ്റ ഭൂമിയിൽ പൊതുവായി എല്ലാവരുടെയും രക്ഷകനായിട്ടുള്ള പിതാവായിട്ടുള്ള ഒരു ഈശ്വരൻ ഉണ്ടായിരിക്കാം ആ ഈശ്വരൻ ആണ് എൻ്റെ രക്ഷകൻ എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈശ്വരൻ പിതാവ് എന്ന സങ്കല്പത്തിൽ വന്നത് ഇപ്പോൾ നമ്മുടെ മതങ്ങളിലാണെങ്കിൽ ധാരാളം ഈശ്വരന്മാർ ഈശ്വര സങ്കല്പങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തന്ത്രത്തിൽ തന്ത്ര തന്ത്ര എന്ന കൺസെപ്റ്റില് ഈ ഒരു കൺസെപ്റ്റാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്കൊരച്ഛനുണ്ടെങ്കിൽ ലോകത്തിന് മുഴുവൻ ഒരു അച്ഛനുണ്ട് ആ അച്ഛനെ ഞാൻ ശിവൻ എന്ന് വിളിക്കണു എനിക്കൊരമ്മയുണ്ടെങ്കിൽ ലോകം മുഴുവൻ അമ്മയുണ്ട് ആ അമ്മയെ ഞാൻ ശക്തി എന്ന് വിളിക്കണു ലോകത്തിൽ രണ്ടേ രണ്ട് ശക്തികളെ ഉള്ളു ഒന്ന് ശിവനും ഒന്ന് ശക്തിയും ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും ഒന്ന് പ്രകൃതിയും ഒന്ന് ആകാശവും ഒന്ന് ഭൂമിയും ഈ ഒരു കൺസെപ്റ്റ് ഇപ്പം മറ്റുള്ള മതങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും അവർ കർത്താവെ പിതാവെ എന്നാണ് വിളിക്കാറുള്ളത് അവരുടെ ഈ യേശുവിനെ ഈശ്വരനെയൊക്കെ അതുപോലെ തന്നെ മുസ്ലിമാണെങ്കിലും അല്ലാഹു എന്നാണ് പുരുഷ സങ്കല്പമാണ് അവിടെ സ്ത്രീ സങ്കല്പല്ല ഏത് പൊതുവേ ഏത് മതങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈ ഒരു പിതാവിനെ ഈശ്വരനാക്കാനാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അത് നിന്നാണ് എൻ്റെ രക്ഷകൻ പിതാവാണ് അച്ഛനാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പുണ്ടായിരിക്കും എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈശ്വരൻ എന്ന വന്നത് ഇനി ഇത് എങ്ങനെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കണോ അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്ത ദിവസം നമസ്കാരം